തീർച്ചയായും ഇതാണ് എന്റെ നേരായ മാർഗം അതിനാൽ നിങ്ങൾ അതിനെ പിന്തുടരുക മറ്റു വഴികളെ പിന്തുടരരുത് എങ്കിൽ അത് നിങ്ങളെ അവൻറെ മാർഗത്തിൽ നിന്നകറ്റും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്